സ്വാഭിമത അനുരൂപ നിത്യ നിരവധ്യ സ്വരൂപരൂപ ഗുണ വിഭവൈശ്വര്യശീലാദ്യ അനുവതിക സംഖ്യേയ കല്യാണ ഇവിടെ അടുത്തു വരുന്ന ഭാഗം അനുരൂപത്വം അനവധിക അതിശയത്വ തുല്യശ്രീ ശീതപയോവൃത്ത ഇത്യാദിത്ത പ്രകാരം അതായത് ഇവിടെ സ്ത്രീയെ വിവരിക്കുകയാണ് മറ്റ് മറ്റെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു ഇനി നിഷ്ടാദ്വൈതത്തിലെ ഒരു പ്രധാനമായ തത്വമാണ് ശ്രീ അതെന്താണെന്ന് വിശദീകരിക്കുന്നു അതിനുവേണ്ടി പറഞ്ഞ ശ്രീയുടെ വിശേഷണങ്ങളാണ് ശ്രീയാഹ വല്ലഭ ശ്രീ വല്ലഭിമതവും അനുരൂപം തനിക്ക് അനുരൂപമായിരിക്കുക ശ്രീ വല്ലഭൻ അനുരൂപമായിരിക്കുക പിന്നെ അനവധിക അതിശയം അത് വിശദീകരിക്കുന്നു തുല്യശീല വയോവൃത്ത തുല്യമായ ശീലം സ്വഭാവം വയസ്സ് സാധാരണ വയസ്സിൽ പ്രായം വൃത്തം പ്രവൃത്തികൾ കുലം തുടർന്നു പറയുന്നത് ഇത് പറയുന്നത് രാമായണത്തിൽ സുന്ദരമാണ് ഇപ്പോൾ ഹനുമാൻ സീതയെ അന്വേഷിച്ച് പോകുമ്പോൾ ലങ്കയിൽ അശോക വൃക്ഷങ്ങൾ നിറഞ്ഞവരും ഉദ്യാനത്തിൽ ഒരു ചൈത്യ പ്രാസാദം ത്തിൻ്റെ അടുത്തായിട്ട് സീതയിരിക്കുന്നതായി കാണും ശൈത്യപ്രാസാദം എന്ന് പറഞ്ഞ എന്താണ് ശൈത്യപ്രാസാദം കേട്ടിട്ടുണ്ടോ വാക്ക് ചൈത്യം കേട്ടിട്ടില്ല ബുദ്ധ ആരാധനാസ്ഥലമാണ് ചൈത്യപ്രാസാദ് ബൗദ്ധന്മാർ ആരാധിക്കുന്ന സ്ഥലങ്ങൾ ശ്രീലങ്കയിൽ ഇന്നത്തെ ശ്രീലങ്ക അന്നത്തെ ലങ്ക ഈ ചൈത്യപ്രസാദത്തിൻ്റെ അടുത്തായിട്ടാണ് സീതയെ കാണുന്നത് എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് അത് മനസ്സിലിരിക്കുന്ന ആളാണ് അതിനായിരുന്നു കാൽ മണ്ഡപമാണ് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നൊക്കെ വർണ്ണിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പറയുന്നത് എന്താണോ സ്ത്രീയുടെ വല്ലഭന് തുല്യമായ ശീതം അതിനു തുല്യമായ വയസ്സ് അതിനു തുല്യമായ പ്രവൃത്തികൾ അതിനു തുല്യമായ കുലം കീർത്തി തുണി കാര്യങ്ങളെല്ലാം സീതയെ കണ്ടുകൊണ്ട് ഹനുമാൻ ഒരു അശോക വൃക്ഷത്തിൻ്റെ മോളിംഗ് കരിയിരുന്നു ദൂരെ ചൈത്യപ്രസാദത്തിൻ്റെ അടുത്തിരിക്കുന്ന സീതയെ കണ്ടുകൊണ്ട് സ്വന്തം മനസ്സിൽ പറയുന്ന കാര്യമാണ് എന്നുവെച്ചാൽ സീത രാമൻ എത്ര യോജിച്ചവളാണ് എന്നിങ്ങനെ അതാണ് ഈ പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുരൂപം എന്ന് പറഞ്ഞത് അപ്പോ രാമന് സീതയുമായിട്ട് അത്രമാത്രം ചേർച്ചയാണ് അതാണ് അനു അനുരൂപത്തോന്നുകയാണ് യുക്തപ്രകാരം എവം ശ്രീഹ നിത്യസ്വരൂപ രൂപ ഗുണ വിഭവ ഐശ്വര്യ ശീലാദി പ്രതിപാദനേല ാദി ഗുണവൃതസിദ്ധശക്തി മാത്രത്വം വിഹവിശേഷത്വം സ്വരൂപൈക്യം മന്യതന്യത വിവതന്തോ നിരസ്ത ഇവിടെ അതറിയണമെന്ന് എന്താണ് ഈ പറയുന്ന തന്നെ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തെ വിശദമാക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ എന്തല്ലെന്നും അറിയണം അപ്പൊ എന്തല്ല എന്നുള്ള കാര്യം ഇവിടെ പറയണോ ശ്രീയഹ സ്ത്രീയിൽ നിന്ന് പൃഥക്ക് വേറിട്ട് നിഷേധിക്കാൻ വേണ്ടി പറയണം അതായത് ശ്രീവല്ലഭന നിന്നും ശ്രീ വേറിട്ട് സ്വതന്ത്രമായിട്ട് നിത്യ നിത്യത്വം സ്വരൂപത്വം രൂപം ഗുണം വിഭവം ഐശ്വര്യം ശീലം ഇതെല്ലാം നേരത്തെ പറഞ്ഞാണ് വേറിട്ടെന്ന് പറയുമ്പോൾ എന്താണോ സ്ത്രീയുടെ വല്ലഭനോ അതെല്ലാം സ്ത്രീക്കുണ്ട് നേരത്തെ പറഞ്ഞു ഇത് പല വ്യാഖ്യാതാക്കളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ദേശികാചാര്യം പറയും സ്ത്രീക്കും സ്വതന്ത്രമായിട്ട് ഇതൊക്കെ ഉണ്ട് അതാണ് പൃഥക് എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യ തുടങ്ങിയ ഈ വിശേഷണങ്ങളീക്ക് എങ്ങനെയാണോ സ്ത്രീയെ പതിക്കുള്ളത് അതുപോലെ സ്ത്രീക്കുണ്ട് ഇത് വ്യാഖ്യാതാക്കളിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ എന്താണ് ജ്ഞാനാദി െങ്ങനെയാണോ ജ്ഞാനാദി ഗുണങ്ങൾ വേറിട്ടിരിക്കുന്നത് കാരണം ഇവിടെ സഗുണം ബ്രഹ്മമാണ് ഇപ്പോൾ ബ്രഹ്മത്തിലെ ഗുണങ്ങളെല്ലാം ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളാണ് അതെങ്ങനെയാണോ വേറിട്ടിരിക്കുന്ന അതുപോലെ പൃഥക്സിദ്ധശക്തി മാത്രത്വം ഇതാണ് തെറ്റിദ്ധാരണ മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് വേറിട്ടൊരു ശക്തി മാത്രമാണ് ലക്ഷ്മി അങ്ങനെ ഒരു ധാരണ വന്നിട്ട് അങ്ങനെ അല്ലെന്നാണ് ലക്ഷ്മി അങ്ങനെ ഒരു വേറിട്ടൊരു ശക്തിയല്ല സ്വതന്ത്ര ശക്തിയല്ല ശക്തി മാത്രം കേവലൊരു ശക്തിയാണ് അങ്ങനെയല്ല വ്യൂഹവിശേഷം നേരത്തെ പറഞ്ഞു അപ്രതിമിനം തുടങ്ങിയ വ്യൂഹങ്ങൾ അതുപോലെ അദ്വൈതികളും മറ്റും പറയുന്ന പോലെ ശക്തി ശക്തനിൽ നിന്ന് അന്യമല്ല അദ്വൈതികൾ പറയുന്ന ശക്തി കൊണ്ട് പക്ഷേ അത് ശക്തനിൽ നിന്നും അന്യമല്ല അങ്ങനെയല്ല ഇവിടെ അന്യത അന്യതും ഇങ്ങനെ പല പല സിദ്ധാന്തങ്ങളും പലരും പറയുന്നു പലരും എന്ന് പറയുമ്പോൾ അദ്വൈതികൾ അതിൽ തന്നെ പല പല സമ്പ്രദായങ്ങൾ ശാക്തീയ സമ്പ്രദായം അദ്വൈത സമ്പ്രദായം ഇവർക്കെന്ന ഈ ബ്രഹ്മത്തെയും ശക്തിയെ സംബന്ധിച്ച് പല പല പല സിദ്ധാന്തങ്ങളുണ്ട് അതൊന്നുമല്ല ഇവിടെ ഇവിടെ എന്താണ് വിഷ്ണുവിനെ പോലെ തന്നെ സ്വതന്ത്രയാണ് കൃഷ്ണി എന്ന അല്പഞ്ചല വ്യത്യാസങ്ങളില്ലാതെ അത് വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഈ ആഗമങ്ങളിൽ മറ്റും പലടത്തും അങ്ങനെ പറയാറുണ്ട് ഈശ്വരന്റെ ശക്തിയാണ് എന്ന് പറയാറുണ്ട് ഇവിടെ പല പല തരത്തിലുള്ള ദേവീ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ മറ്റ് ശാസ്ത്രീയ സമ്പ്രദായങ്ങളിലെല്ലാം ശിവന്റെ ശക്തി അങ്ങനെ പറയും അതൊന്നും ഇവിടെ സമ്മതമല്ല ശക്തിത്വ പദാസ്തു പത്നിത്വ എന്ന വിശേഷണത്വ അഭിപ്രായ പിന്നെ ഈ ആഗമങ്ങളിലെല്ലാം ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെയെല്ലാം ഇവിടെ ബ്രഹ്മവിശേഷണം എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മ വിശിഷ്ടമാണ് അപ്പൊ വിശേഷണം സ്വീകരിക്കുന്ന എന്താണ് പല കാര്യങ്ങൾക്കും ശക്തിയുടെ ആവശ്യമാണ് ആ രീതി ശക്തന് ശക്തി ശക്തി കൊണ്ട് പല കാര്യങ്ങളും നിർവഹിക്കാറുണ്ട് അതിനുവേണ്ടി അവരഭിപ്രായത്തിൽ പറഞ്ഞാണ് അതുകൊണ്ട് വേറിട്ടൊരു ശക്തിയാണ് മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങനെ കൂടെ അത് ഇഷ്ടാ ജീവിതത്തിൽ മനസ്സിലാക്കരുത് എന്ന് പറയുന്നു അതാണ് ശക്തിത്വ പാതാസ്തു പത്നിത്വ എന്ന പത്നിയായിട്ട് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യ ഉപയുക്ത വിശേഷം തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപകരിക്കുന്ന ഒരു വിശേഷം ആ ആ അർത്ഥമേ ഉള്ളൂ പ്രയുജ്യദേഹി ശാസ്ത്രേഷ് സർവത്ര സ്ത്രീ പുംസാന് മകേഷു ധന്ദ്വാതേഷ് അവി സ്ത്രീയും സ്ത്രീശക്തി ശക്തി പറയുന്ന പൊതുവേ പുരുഷൻ സ്ത്രീ എന്നുള്ള രണ്ട് വിഭാഗം വരുമ്പോൾ മനുഷ്യരായാലും ദേവന്മാരായാലും എവിടെ ആയാലും ശക്തിയായിട്ട് പറയും അവിടെ സിദ്ധാന്തമനുസരിച്ച് ഇത്രയേ ഉള്ളൂ വിശേഷണം എന്നുള്ള അർത്ഥമേ പുരുഷൻ ശക്തി വിശിഷ്ടനാണ് ഇവിടെ അതാണ് വിശിഷ്ട അദ്വൈതമാണ് എന്ന് വിചാരിച്ച് അതിന് അത് സ്വതന്ത്രമല്ല എന്ന് അർത്ഥമില്ല ബ്രഹ്മത്തെ പോലെ തന്നെ സ്വതന്ത്രമാണ് ശക്തി ഏകത്വവാദാസ്തു ഏകശേഷിത്വാശ്രയത്തിന് വിശിഷ്ടിക്കുക ആത്മഹഭിപ്രതി ഉദ്ദേശിച്ച് ഏകദേവതാത്വാദിവിശേഷി നിർവഹിക്കാം ഇനി ഏകത്വവാദം പറയുന്നുണ്ട് ഏകമാണ് അതിന് ബ്രഹ്മവും ശക്തിയും ഒന്നാണെന്ന് പറയുന്നുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം അദ്വൈതികളും പറയുന്ന പോലെയുള്ള ഏകത്വവാദമല്ല സമസ്ത പ്രപഞ്ച പ്രാദ്യോഗിക ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്ന ശേഷിയാണ് അങ്കിയാണ് സമസ്ത പ്രപഞ്ചം എന്താണ് അംഗമാണ് ശേഷിക്ക് അധീനമാണ് സർവം അതാണ് അംഗ അങ്കിഭാവം യജമാനനും അടിമയും എന്നുള്ള ഭാവം അതാണ് സമസ്ത പ്ര പ്രപഞ്ച പ്രതിയോഗിക ഏകശേഷി സമസ്ത പ്രപഞ്ചവും പ്രതിയോഗിയായിരിക്കുന്ന ശേഷി അനുയോഗിയായിരിക്കുന്ന ഒരു അനുയോഗി പ്രതിയോഗി സംബന്ധം എന്ന് പറയും തർക്കം പഠിച്ചവർക്ക് അതൊക്കെ മനസ്സിലാകും അവിടെ ഏകം എന്ന് പറയുന്ന ശേഷിയാണ് രണ്ടെണ്ണം ചേർന്ന് ഏകമാകുകയാൽ ബാക്കിയുള്ള സർവതും ശേഷമായിരിക്കും അതാണ് വിശേഷണമെന്ന് പറയുന്നത് അതിനെപ്പുരാൻ വിശിഷ്ട ഐക്യം ഇതാണ് വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്നത് ലക്ഷ്മി വിഷ്ണു ഏകനാണ് അതാണ് ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപഐക്യം സംഭവിക്കത്തില്ല വിശേഷണമായിരിക്കും വിശേഷണ വിശിഷ്ടനായിരിക്കും അതിനുമുമ്പ് ചിലടത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് പിന്നെ ചിലത്തെന്താണ് ആത്മഹവി പ്രതി ഉദ്ദേശ്യ ഏകദേവതാത്വ അതി വേഷയാണ് അപ്പോ ഹവിസ് സമർപ്പിക്കുമ്പോൾ വിഷ്ണുവിന് സങ്കൽപ്പിച്ചുള്ള ഹവിസ് സമർപ്പിക്കുക അതിൻ്റെ ഉദ്ദേശ്യം ഇവിടെയാണോ ഹവിസ് എത്തിച്ചേരേണ്ടത് അത് വിഷ്ണുവാണ് പക്ഷേ ആ ഹവിസ് ലക്ഷ്മിക്കും കൂടെ ഉള്ളതാണ് എങ്ങനെ ആ ദേവതാ വിശേഷണമായിരിക്കുന്നു അവിടെ ലക്ഷ്മി അപ്പൊ വിഷ്ണുവിന് ഹവിസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ എത്തിച്ചേരും ലക്ഷ്മിക്കും എത്തിച്ചേരും അതാണ് ഏകത്വം എന്ന് പറയുന്നത് ലക്ഷ്മിക്കല്ല സമർപ്പിക്കേണ്ട വിഷ്ണുവിന് അവിടെ ലക്ഷ്മിക്ക് ലക്ഷ്മിക്കല്ല സമർപ്പിക്കേണ്ടത് കാരണം ഇതിന് നിയമങ്ങളില്ല വിധികളില്ല വിധിയനുസരിച്ചല്ല ചെയ്യാൻ പറ്റും മറിച്ച് ചിന്തിക്കാൻ പാടില്ല ഉദ്ദേശിച്ച ഏകദേവതാത്വാദി വിശേഷണ അല്ലെങ്കിൽ വേഷ അവിടെ ഏകദേവതയോട് ആ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി വിശിഷ്ടനായ വിഷ്ണു വിധി അതാണ് അതനുസരിച്ച് ചെയ്യുക പിന്നെ തിരിച്ച് ചെയ്താലെന്ത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതേവഹി വ്യാപകവും അതിസംബ സംശ്ലേഷ ഏകത്വത്വം ഇവ കുതിത്വവും ഇതെല്ലാം പ്രമാണങ്ങൾ പറയണ ബുദ്ധ്യ സംഹിതയിൽ വ്യാപകവും എന്ന് പറയും വ്യാപകവും എന്ന് പറയുമ്പോൾ വിശേഷണവും വിശേഷവും വിശേഷണമെന്ന് പറയുമ്പോൾ ഇവിടെ കേവലം ലക്ഷ്മിയല്ല ഇവിടെ എടുക്കുന്നത് ചിതജിത് വിശിഷ്ടനായിരിക്കുന്ന ബ്രഹ്മത്തെടുക്കുകയാണ് ചിതജിത് എന്ന് പറയുന്നത് വ്യാപകമാണ് പക്ഷേ അതിസംശ്ലേഷ വിശിഷ്ടമായിരിക്കണം ബ്രഹ്മം ഏകതത്വം യോതിത്വവും അതുകൊണ്ടാണ് ഏകതത്വം എന്നൂടെ പറയുന്നത് തത്വം ഏകമാണെന്ന് പറയാം കാരണം ചിതജത് വിശിഷ്ടനായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് ചിതജിത് വ്യാപകമാണ് അപ്പോൾ ആ ചിതജിത് വിശിഷ്ടനായി ഇപ്പൊ അതൊന്നേ ഉള്ളൂ ദണ്ഡ വിശിഷ്ടനായ പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷനൊരാളെയുള്ളൂ ദണ്ഡം അവിടെ വിശേഷണമാണ് എന്ന് പറയുന്നത് ഉത്തഞ്ച ശ്രീരാമം ഇശ്രഹി ഷടർത്ഥ സംക്ഷേപേ ഉഭയ ഏകം ശേഷിത്വം വേറൊരു കാണിക്കുന്നു അപ്പോ ചിത്തച്ചിത്ത് ഉഭയ അധിഷ്ഠാനമാണെന്ത് അതാണ് ഏകം അതാണ് ശേഷിത്വം എന്ന് പറയുന്നത് മറ്റു രണ്ട് ശേഷം അതിന് അംഗ അങ്കിയെന്നോ ഉടമ അടിമയെന്നോ പറയാം അപ്പോൾ ഉഭയം എന്ന് പറയുമ്പോൾ എന്താ ചിത്തം അജിത്തും അതിൻ്റെ അധിഷ്ഠാനമായി വരുന്ന എന്താണ് ബ്രഹ്മം അതാണെന്ത് ഏകം അതിനു ശേഷി എന്ന് പറയുന്നത് അപ്പം ശേഷിത്വം ഇവിടെ വരും ബ്രഹ്മത്തിൽ വരും മറ്റു രണ്ട് ശേഷമാണ് അതിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ ആ തത്വത്തെ വ്യക്തമാക്കുകയാണ് എന്താണ് ലക്ഷ്മി എന്താണ് ശ്രീയപതി അല്ലെങ്കിൽ ശ്രീ വല്ലഭനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട അദ്വൈതമനുസരിച്ച് എന്താണ് എന്നുള്ള ആ തത്വത്തെ കൂടെ വളരെ വ്യക്തമായി പറയുകയാണ് ഏവം വിതായാഹ ഭഗവത്യാഹ ശ്രീയോ വല്ലഭമഹ അങ്ങനെയുള്ള സ്ത്രീയുടെ വല്ലഭൻ ഭർത്താവ് അതാണ് അതിനുവേണ്ടിയാണ് സ്ത്രീയെ വിശദീകരിച്ചത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിപതിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം പറഞ്ഞു അടുത്ത് സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു അടുത്തു പറയുന്നത് എന്താണ് നിത്യ പിന്നെ അവിടെ വൈകുണ്ഠത്തെക്കുറിച്ച് അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ മഹാവാക്യം എന്ന് പറയുന്നതിന് ഇഷ്ടാദ്വൈതത്തിൻ്റെ ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ ഇഷ്ടാദ്വൈതത്തിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം പിന്നെ നിത്യ സൂര്യകൾ എന്ന് പറയും നിത്യപരിചന വിശിഷ്ടതാന്തരശേരി സ്വസങ്കൽപ്പ അനുവിധായി സ്വരൂപ സ്ഥിതി പ്രവൃത്തി ഭേദശേഷ ഏകരക രൂപ നിത്യ നിരവധ്യ നിരധിശ്യ ജ്ഞാനക്രിയ ഐശ്വര്യ അത്യനന്ത ഗുണഗണാപരിമിത സൂര്യഭി അനവരത അഭിഷ്ഠിത ചരണയുഗള സൂര്യഭി എന്ന് പറഞ്ഞല്ലോ ആ സൂര്യകളാണ് നിത്യസൂരികൾ എന്ന് പറയുന്നത് അതെന്താണെന്നുവിടെ വിശദീകരിക്കുന്നു അതാണ് പരിചന വിശിഷ്ടത നിത്യ പരിജനങ്ങൾ സേവകന്മാര് പരിജനം എന്ന് വെച്ചാൽ സേവകന്മാർ അവർ നിത്യപരിജനങ്ങളാണ് അതെല്ലാം വിശദീകരിക്കും ആ പരിജന വിശിഷ്ടമാണ് വിഷ്ണു അതിൽ സ്വസങ്കൽപ്പ അനുയതായി സ്വരൂപം സ്വരൂപം എന്ന് പറയുന്ന സൂര്യകൾ ധർമ്മ്യംശം എന്ന് പറയുന്ന എന്താണ് സൂര്യകളെക്കുറിച്ച് പറയുക അവിടെയുള്ള ആത്മാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം വൈകുണ്ഠത്തിലുള്ള ആത്മാക്കൾ എന്താണ് സ്ഥിതി അപ്രച്യുതയ അവസ്ഥ സ്വരൂപസ്ഥിതി അവർക്കൊരിക്കലും അവിടെ നിന്ന് സ്ഥാനഭ്രംശ സംഭവിക്കുന്നുണ്ട് അവരവിടെ എത്തിച്ചേരുന്നവരല്ല അവിടെ നിന്ന് പോകുന്നവരും അല്ല സ്ഥിരം അവിടെയാണ് പ്രവൃത്തി അവരുടെ എന്താണ് സ്ഥിതിയും പ്രവൃത്തിയും അവിടെ ജോലി എന്താണ് അവിടെ അതാണ് പറഞ്ഞത് അവിഷ്ഠുത ചരണയുഗള അവരെന്തെയൊന്നും നിരന്തരം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു വിഷ്ണുവിൻ്റെ ചരണ ഇവളത്തെ സ്തുതിക്കുക എന്ന് ഒരു ഇത് മാത്രമല്ല അവർക്ക് പല ജോലികളുമുണ്ട് അതെല്ലാം ഇതെല്ലാം പറയുന്നത് പ്രമാണം അനുസരിച്ചിട്ടാണ് പറയാം പ്രവൃത്തി വ്യാപാരം പ്രവൃത്തിയാണ് അവിടെ പറഞ്ഞെന്താണ് നിത്യാനാം സ്വരൂപസ്ഥിത്യോഹോ പരമാത്മ സങ്കല്പ അനുവിധായത്വം സ്വസങ്കൽപ്പ അനുവിധായിയാണവർ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ സങ്കല്പത്തിനനുസരിച്ചാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് അവരിങ്ങനെ നിത്യന്മാരായിരിക്കുന്നതും അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നതും എല്ലാം സങ്കല്പമനുസരിച്ചിട്ടാണ് നിത്യാനാം സ്വരൂപസ്ഥിതി അവരുടെ സ്വരൂപം സ്ഥിതി പരമാത്മ സങ്കല്പ അനുവിധായത്വം നിശ്ചയിച്ച നിത്യേച്ഛാശ്രിത അത് ഈശ്വരൻ്റെ നിത്യേച്ഛനാണ് നിത്യേച്ഛ എന്ന് വെച്ചാൽ മാറ്റം വരുന്നു അത് അനാദി അനന്തമായ അതുകൊണ്ട് ഇച്ചയ്ക്ക് അധീനമായി അവരെന്ത് ചെയ്യുന്നു അനാദി അനന്തമായി അവിടെ കഴിയുന്നു കുറേ ആത്മാക്കൾ അതാണ് നിത്യ ഇച്ഛാസിദ്ധ്യം പക്ഷേ ഈശ്വരൻ്റെ ഇച്ഛ നിത്യമാണ് പക്ഷേ ആ ഇച്ഛാ കാര്യങ്ങൾ എന്ന് പറയുന്നത് അനിത്യമാവും അതാണ് നമ്മളല്ല നമ്മൾ നിത്യന്മാരല്ല നമ്മളെല്ലാം ജനിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു അതും ഈശ്വര ഇച്ഛയ്ക്ക് അധീനമാണ് പക്ഷേ ഇവിടെ ഇച്ഛാ കാര്യങ്ങളെല്ലാം ഈ ലീലാ വിഭൂതി എന്ന് പറയുന്ന ഈ ലോകത്തെല്ലാം അനിത്യമായിരിക്കും നിത്യവിഭൂതി എന്ന് പറയുന്ന ആ ലോകത്തെല്ലാം നിത്യമായിരിക്കും ഇച്ഛ ഒന്ന് തന്നെ അതാണ് വ്യത്യാസം തച്ച അനിച്ഛാ സംഭവം നിവർത്തയിലും ശക്യത മാത്രം ഇപ്പൊ നിത്യേക്ഷാസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യേച്ച വിശദീകരിക്കുന്നു അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണ് അനിത്യ ഇച്ഛ എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല അത്രയാണ് ഇവിടെ നിത്യവിഭൂതി അനിത്യ ഇച്ഛ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിത്യ ഇച്ഛ എന്ന് പറയാം അപ്പോ അതെന്താണ് അങ്ങനെ ഒരു സംശയം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ ഇച്ഛ എന്ന് പറയുമ്പോൾ അതിനാദ്യമില്ലല്ലോ അപ്പൊ അവിടെയുള്ള അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നിത്യ ഇച്ഛ ആണ് എന്ന് വെച്ചാൽ എല്ലാം അവിടുത്തെ നിത്യമാണ് അവിടെ അനിത്യമായിട്ടൊന്നുമില്ല അപ്പൊ ഇച്ഛ എങ്ങനെ നിത്യത്തിന് കാരണമാവും ഒരു കാര്യം നിത്യമാണെങ്കിൽ അതിന് നിത്യ ഇച്ഛ എങ്ങനെ കാരണമാവും കാരണം കാരണമില്ലല്ലോ അനാദിയല്ല അപ്പോ അതുകൊണ്ട് പറയുന്നത് എന്താണ് അനിത്യ ഇച്ഛ സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാവും അല്ലാതെ നിത്യ ഇച്ഛ കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു എന്നല്ല അനാദിയായ ഒന്നിന് ഉൽപ്പത്തിയില്ല അപ്പൊ പിന്നെ അവിടെ കാരണമായി ഇച്ഛയെ സ്വീകരിക്കേണ്ട കാര്യം അതാണ് ഈ പറയുന്നത് കാരണം അതിൽ ഈ പറയുന്നതിന് ചെറിയൊരു യുക്തിഭംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ താല്പര്യമെന്ന് അതാണ് പറയുന്നത് എന്താണ് അനിച്ചാ സംഭവയെ നിത്യ ഇച്ഛയെ നിർബനിച്ചയും വരാം അനിച്ച സംഭവിക്കാമല്ല അപ്പോൾ എന്ന് പറയുന്നു നിവർത്തയിതം എന്താണ് അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നിത്യേച്ച സിദ്ധിച്ച നിത്യേച്ച ശക്യത അതിൻ്റെ ഒരു സാധ്യതയെ കാണിക്കുകയാണ് പ്രോബിലിറ്റി തിയറി എന്ന് പറയും ക്വാണ്ടം മെക്കാനിക്സം അതാണ് കൂടെ പറയുന്നത് ശക്യത മാത്രം ു അനിച്ഛായാഹ കഥാചിതപ്യഭാവ സ്ഥിദേഹേ സദാതനത്വം അനിച്ഛ എന്ന് പറയുന്നത് എന്താണോ ഒരിക്കലും അവിടെ സംഭവിക്കുന്നേയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഏത് നിത്യവിഭൂതി അനിച്ഛ അങ്ങനെ സംഭവിക്കുന്നില്ല അതുകൊണ്ടെന്ന് വരുന്നു സ്ഥിതേഹേ സദാതനത്വം അവരല്ലും ഒരുപോലെ തന്നെ ഇരിക്കും നിത്യമുക്തന്മാരായിരിക്കും മറ്റുള്ള ഈ എല്ലാ ദർശനങ്ങളിൽ നിന്നും ഇവർക്ക് വരുന്ന ഒരു പ്രത്യേകത അതാണ് ഇവർ നിത്യമുക്തന്മാരായ കുറേ ആത്മാക്കളെ സ്വീകരിക്കുന്നു കുറേ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമില്ല അനന്തമാണ് ആത്മാക്കൾ അനന്തമായിതഞ്ച പരമാത്മ സങ്കല്പ അനുവിധായി സ്വരൂപ സ്ഥിതി പ്രവൃത്തിത്വം ബദ്ധ മുക്ത പ്രകൃതി പ്രാകൃത കാലാധിഷ്വീ ഭാവ്യം പിന്നെ പരമാത്മ സങ്കല്പാനുവിധായിയായി സംഭവിക്കുന്നു എന്ന് പറയുന്നത് അവിടെ മാത്രമല്ല എല്ലാം സങ്കൽപ്പധീനമാണ് ബദ്ധന്മാരും മുക്തന്മാരും പ്രകൃതി അതും പരമാത്മ സങ്കല്പാധീനമാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന പ്രകൃതി അത് നിത്യമാണ് അവിടെ പിന്നെ പ്രാകൃത കാലം ആ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കാലദേശങ്ങൾ ഇതെല്ലാം എല്ലാ സങ്കൽപ്പധീനം തന്നെയാണ് ഈശ്വരൻ്റെ നിത്യസങ്കല്പത്തിന് അധീനമാണ് എന്നർത്ഥം അത്ര ശരാ നാനാവിധശ്ചാപി ധനുരായുധ വിഗ്രഹം അന്വച്ഛന്ത കാസ്തം സർവേ പുരുഷവിഗ്രഹാ ഇതിനൊരു ഈ നിത്യ സൂര്യ സൂര്യകളുണ്ടല്ലോ അവിടെ സ്ഥിരം കഴിയുന്നുണ്ട് അവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു നിവാസന ശയാസന പാതുക സ്ത്രോത്ര രത്നത്തിനും പറയുന്നു ഇത്യാദി ദൃഷ്ടം താങ്കൾ പറഞ്ഞാലോ ഇതേ എല്ലാം പറയുന്നു പ്രമാണമനുസരിച്ച് പറയത്തു വെറുതെ ഒന്നും പറയത്തു കാരണം ഇഷ്ടാദ്വീതത്തിൽ പ്രാധാന്യം പ്രമാണത്തിനാണ് അദ്വീതത്തിൽ പ്രാധാന്യം യുക്തിക്കാണ് അദ്വൈതം എന്ന് പറയുന്നത് ശങ്കരായരുടെ യുക്തിയിൽ നിന്നുണ്ടായൊരു സാധനമാണ് അതിന് വേദത്തിനും ഉരുടത്തിനൊന്നുമില്ല സ്വന്തം ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സമ്പ്രദായമാണ് തീരെ ഇല്ലാന്നല്ല അല്പ സ്വല്പമൊക്കെ ഉള്ളൂ അത് പോരല്ലോ അദ്വൈതത്തിൽ ഇവിടെ അങ്ങനല്ല ഇത് രാമായണം ഉത്തരഖണ്ഡമാണ് അതിനുള്ളൊരു അവസാന ഭാഗമാണ് ഈ പറയുന്നത് രാമൻ എന്താണ് ശരയൂ നദിയിലേക്ക് അവസാനം നീങ്ങുകയാണ് എന്തിനാ സ്വർഗാരോഹണത്തിന് വേണ്ടി അങ്ങനെ പോകുമ്പോൾ ശരാഹ നനാമിത രാമൻ്റെ നാനാതരത്തിലുള്ള ശരങ്ങൾ ഒരുപാട് ശരങ്ങളുണ്ടായിരുന്നു ദിവ്യാസ്ത്രങ്ങൾ അത് ധനുരായുധ വിഗ്രഹം ആ വലിയ വില്ല് രാവണനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധരെ വലുപ്പമുള്ള സ്വരൂപത്തോടുകൂടിയതായ ആ ധനു ആയുധം എന്ന് വെച്ചാൽ വലുപ്പമുള്ളത് നിങ്ങളുള്ളത് വലിപ്പമുള്ളതെന്നൊക്കെ സാധാരണ മനുഷ്യനും എടുത്താൽ പൊങ്ങാ പൊങ്ങാൻ എടുത്തു പോക്കാൻ കഴിയാത്തതായ രൂപത്തോടുകൂടിയ ധനുര് ധനുസ് ഇത് മാത്രമല്ല ബാക്കി അങ്ങോട്ട് പറയും അനുഗച്ചന്ത കാകുസ്തം ഇവരെല്ലാം രാമനെ അനുഗമിക്കുകയാണ് രാമൻ പോകുമ്പോൾ കാരണം അവിടെയൊക്കെ കൃത്യങ്ങൾ കഴിഞ്ഞു സർവേ പുരുഷവിഗ്രഹ എങ്ങനെ മനുഷ്യരൂപത്തിൽ ആൾക്കൂട്ടത്തിൽ സഞ്ചരിക്കുകയാണ് അയോധ്യയിലുള്ള സർവപ്രാണികളെ രാമനോടൊപ്പം പോയി എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇവിടെ മനുഷ്യരൂപത്തിൽ പുരുഷന്മാരായി ഈ ആയുധങ്ങളും വെല്ലുമെല്ലാം രാമനോടൊപ്പം പോവുകയാണ് എന്തിനാണ് കാരണം ഇവരെല്ലാം നിത്യ സൂര്യകളാണ് ഇവർ അവിടെ ഇരുന്നവരാണ് രാമൻ എല്ലാവതാരത്തിലും ഇവരെല്ലാം ഇങ്ങോട്ട് വരും രാമനോടൊപ്പം കാരണം ഇവരുടെ ജോലി എന്താണ് നിത്യ കൈങ്കര്യമെന്നാണ് കൈകര്യം എന്ന് കിങ്കരസ്യഭാവം കൈങ്കരിയും കിങ്കരസ്യഭാവ കർമ്മവാ തസ്യഭാവ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ഗുണവചനം ബ്രാഹ്മണാദിഭ്യു കർമ്മനിഷ്യൻ ചവർമ്മയുണ്ടപ്പോ അവരെല്ലാം ഇങ്ങനെ എന്താണ് അവരുടെ കർമ്മമാണ് നിത്യം ഈ നിത്യകർമ്മം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരും നിത്യകർമ്മം എന്ന് പറയുമ്പോൾ വിഷ്ണു ഇവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവർ ഈ പ്രവൃത്തി അവരുടെ എല്ലാം പ്രവൃത്തി വേണ്ടാൽ ഉണ്ടായിരുന്നാൽ അവരെന്ത് പ്രവൃത്തി ചെയ്യും ഇങ്ങനെയൊക്കെ ചോദ്യം വരും അതിന് സ്തോത്ര കിട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അഴവാതാൾ ആരാണ് ആ രാമാനുജമനാചാര്യ രാമാനുജൻ അദ്ദേഹം പറയുന്നതാണ് നിവാസന ശയ്യാസന പാതുക ഈ നിത്യസൂരിയൾ അവിടെ ഇരിക്കുന്ന ഒരു അവതാര സമയത്ത് വരുമ്പം അവർ തന്നെ എന്താവും ഒരാൾ നിവാസമാവും വീടാവും വേറൊരാൾ ശയ്യ കട്ടിലാവും വേറെ ആൾ വേറൊരാൾ കൊടയാകും വേറൊരാൾ വടിയാകും വേറൊരാൾ കമ്പിളി അസുഖം ഉണ്ടാകും ഇതാകും എന്നുവെച്ചാൽ സർവ ഉരുപ്പടികളും ആയി മാറുന്നവരാണ് ഈ നിത്യസൂരികളാണ് പുറമെ ഒന്നും അന്വേഷിച്ച് കിടക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ അയോധ്യയിലേക്ക് ചെന്ന് രാമൻ അവിടെയൊക്കെ കളിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ കളിപ്പാട്ടങ്ങളൊക്കെ ആരാണോ നിത്യസൂരികളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും എന്തിനും കൂടെ നടക്കുന്ന മുഴുവൻ നിത്യസൂരികളാണ് ഒന്നിനും ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഇത് രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും ഒക്കെ ഇങ്ങനെയാണെന്നാണ് അത് ഈ പരമ്പരയിലെ വിശ്വാസ സിദ്ധാന്തമാണ് അതിന് അവർ പ്രമാണമായി സ്വീകരിച്ചതാണ് രാമായണത്തിൻ്റെ ഉത്തരവാണ് അവിടെ പറഞ്ഞിരിക്കുന്നു ശരങ്ങളും മറ്റും മനുഷ്യരൂപത്തിൽ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്ന നിത്യസൂരികളാണ് ആ നിത്യസൂരികൾ ശരങ്ങളായി വന്നു തിരിച്ചു പോകുമ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നു ഇനി അവരെല്ലാം മൈകുണ്ടത്തി കാണാം എന്ന് പറഞ്ഞു പോവുകയാണ് ഇതൊരു സിദ്ധാന്തം ഇത്യാദി ഇതുപോലെ ഈ സ്തോത്രരത്തിനും മറ്റും നിരവധി കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് രാമൻ വനത്തിൽ സഞ്ചരിച്ചപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിൽ കെട്ടേണ്ടി വന്നു അപ്പോൾ ലക്ഷ്മണനാണ് ഈ കുടിൽ കെട്ടുന്നത് കാട്ടുവള്ളികളൊക്കെ കൊണ്ട് സീതയ്ക്ക് കഴിയാൻ ഈ കുടിലായിട്ടൊക്കെ വരുന്ന ലക്ഷ്മണൻ വിചാരിക്കുന്നത് പോലെ എല്ലാം വരുന്ന ആരാണ് നിത്യശ്രീനികൾ പെട്ടെന്ന് എന്നിട്ട് പെട്ടെന്നില്ല ലക്ഷ്മണൻ വിചാരിക്കുന്നതിന് മുമ്പ് പിന്നെ അവിടെ ഒരു കൊടുക്കില്ല ലക്ഷ്മണൻ തന്നെ അതിശയിച്ചു ഇതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് വേണ്ട സാമഗ്രികളെല്ലാം ഉള്ളൂ അതെല്ലാം നിത്യസൂരികളും കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് നിത്യ കൈങ്കര്യമാണ് അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ നിത്യാത്മാക്കളെ നിത്യവിഭൂതിയിൽ നിലനിർത്തുന്നത് അപ്പോൾ ഇത് ഈ അവതാര സങ്കല്പമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ ഇതെല്ലാം എന്താണോ ഭക്തി സമ്പ്രദായം എന്ന് പറയുമ്പോൾ തന്നെ അത് വിശ്വാസാധിഷ്ഠിതമാണ് കാരണം വിശ്വാസമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിക്കരുത് കാരണം വിശ്വാസത്തിൽ സംശയത്തിന് യാതൊരു സ്ഥാനം വിശ്വസിക്കാത്രം വേദാന്തി ദേശികേന പോലെയുള്ള പുതിയ ബുദ്ധിമാന്മാർ പണ്ഡിതന്മാർ അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് അവർ വിശ്വാസികളാണ് അവരത് പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് ഇതിനകത്തിരുന്നതൊക്കെ പറയാം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വാസികളല്ലെങ്കിൽ അവർ ഇതൊക്കെ തമാശയായിട്ട് എടുക്കത്തുള്ളൂ വിശ്വാസികളുടെ അടുത്ത് അവരോട് പറയാം പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാമായണത്തിൻ്റെ ഇതെവിടെ നിന്നാണ് ഈ പ്രമാണത്തെ എടുത്തത് ഉത്തരകാണ്ഡം അപ്പോൾ ഉത്തരകാണ്ഡം ഇന്ന് കുറേ കാലമായിട്ട് ഇന്ത്യയിലെ കുറേ പണ്ഡിതന്മാരും വിദേശത്തുളക്കുന്ന ആൾക്കാരും പറയുന്ന ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് എന്നുവെച്ചാൽ അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റിയില്ല രാമൻ ത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ പറ്റിയില്ല അവർ പറയുന്നതിന് യുക്തിയുണ്ട് അവർ പറയുന്ന ഇതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആൾ ഇത്രയും ഗുണങ്ങളുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ടാണ് പറയുന്നത് രാമനാണ് എല്ലാ ഗുണങ്ങളും തികഞ്ഞ എല്ലാ നന്മകളും തികഞ്ഞ ധർമ്മത്തിൻ്റെ സ്വരൂപമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഉത്തരകാണ്ഡത്തിൽ വരുമ്പോൾ അവിടെ എന്ത് വരുന്നു ശമ്പൂകവധവും സീതാപരിത്യാഗവും എല്ലാം ഇത് ഇന്നത്തെ ആൾക്കാർക്ക് ഇത് പൊരുത്തപ്പെടുത്താൻ പറ്റില്ല അവർ പറയുന്നു പൂർവാവര വിരോധം രാമായണത്തിൽ വരുന്നു എന്ന് പറയുന്ന ഇതാണ് ആദ്യം വിഗ്രഹവാൻ ധർമ്മ പറഞ്ഞ അവസാനം സീതാപരിത്യാഗം അതുകൊണ്ട് അവരെന്താ പറയുന്നത് അങ്ങനെ ധർമ്മമൂർത്തിയായ ഒരാൾ ഇതൊക്കെ ചെയ്യും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനവർ കാണുന്ന ഒരു എന്താണ് കുറുക്ക് വഴിയാണ് ആ ഭാഗങ്ങളെല്ലാം രാമായണത്തിൽ നിന്ന് തള്ളിക്കളയുക ഉത്തര കണ്ടത്ത തള്ളിക്കളഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അത് പ്രശ്നത്തിൽ പരിഹാരമായി പക്ഷെ അത് തള്ളിക്കളയുമ്പം ഒന്നുകൂടെ ഇരുന്നാലോചിക്കണം എന്തുകൊണ്ട് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദാന്ത ദേശികനെ പോലെയുള്ളവർ മാത്രമല്ല രാമാനുജനുൾപ്പെടെ അതിൻ്റെ പിന്നിലേക്ക് പോയ യാമന മുനി അതിൻ്റെ പിന്നിലേക്ക് പോകാൾ ആഴ്വാർമാർ അതിൻ്റെ പിന്നിലേക്ക് പോയ അകം പുറം പുറം അകം നാനൂറ് ചില പ്രതികാരം ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും രാമായണ കഥയുണ്ട് പരാമർശമുണ്ട് ഒന്നാം നൂറ്റാണ്ടുകൾ അതിനും പിന്നിലുണ്ട് അപ്പൊ അങ്ങനെ പ്രചരിച്ചിരിക്കുന്ന ഒരു രാമായണ കഥയിലെ ഈ പന്ത്രണ്ട് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു എന്താണ് ഏറ്റവും പ്രഗത്ഭനായ ആചാര്യൻ ഉത്തരകാണ്ഡത്തെ രാമായണത്തിൽ ഭാഗമായി സ്വീകരിച്ചുവെങ്കിൽ പിന്നെ ഇതാര ഇതെങ്ങനെ പുറന്തള്ളാൻ പറ്റും അതിന് പുറന്തള്ളാൻ കഴിയത്തില്ല കാരണം വേദാന്ത ദേശീയരെ പോലെയുള്ള ഒരാൾ ഉത്തരകാണ്ഡത്തെ പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ ആ പരമ്പരയിലെ മുൻ ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കും രാമാനു ആചാര്യനും യാമുനമിനിയും നാഥമിനിയും ഒക്കെ സ്വീകരിച്ചിരിക്കും അതിനു മുമ്പ് വന്നിരുന്ന ഇവർ ഒരുപാട് രാമനെ സ്തുതിക്കുന്നുണ്ട് നാലായിരം പ്രബന്ധങ്ങൾ അപ്പോൾ ആ ഒരു പരമ്പരയിൽ പ്രമാണമായി സ്വീകരിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചെലപ്പതികാരത്തിലും മണിമേഖലയിലും മകന്നാനൂർ അതായത് തമിഴ് സാഹിത്യം സംഘ ലിറ്ററേച്ചർ അവിടെയൊക്കെ പറയുന്നു കോട്ടേ പക്ഷേ ഇതൊരു പരമ്പര ഉണ്ടല്ലോ ആഗമങ്ങളിൽ തുടങ്ങുന്ന പരമ്പരയാണ് ഈ പരമ്പരയിലെ ആചാര്യന്മാർ അംഗീകരിക്കാത്ത ഒരു കാര്യം ഇദ്ദേഹം സ്വീകരിക്കത്തില്ല ആര് വേദാന്ത ദേശികൾ അദ്ദേഹം ബോധമില്ലാത്തയാളാണ് ഇന്നത്തെ ആധുനികന്മാരായ ആൾക്കാർ ഇതിനെ തള്ളിക്കളയുന്നു ആ അവർക്കൊരു യുക്തിയുണ്ട് എന്താണ് വിഗ്രഹവാൻ എന്ന് പറഞ്ഞതിന് ശേഷം സീതാ പരിത്യാഗം അത് അതിലെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതൊക്കെ ധർമ്മമായിരുന്നു അന്ന് സീതാ പരിത്യാഗമെന്ന് പറയുന്നതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല അന്നൊരു വലിയ സംഭവമൊന്നുമില്ല ഇന്നാണ് ഈ സ്വതന്ത്ര ലോകത്ത് ജീവിക്കുമ്പോഴാണ് നമുക്കതൊക്കെ മോശം എന്ന് തോന്നുന്നത് അപ്പോഴും നമ്മൾ ചിന്തിക്കണം പണ്ടും ഇതുപോലെയൊക്കെ ആയിരുന്നിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ധർമ്മത്തിൽ അത് പാടില്ല എന്ന് അന്ന് അത് ധർമ്മത്തിൻ്റെ ഭാഗമാണ് അന്നത്തെ ധർമ്മത്തിൽ അന്ന് എതിരായ കാര്യങ്ങളല്ല അതുകൊണ്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നതും സീതാപരിത്യാവുമായിട്ടും ചമ്പൂവുമായിട്ടും യാതൊരു വിരോധവും ഇല്ല അത് സർവസമ്മതമായ കാര്യങ്ങളാണ് അന്ന് അതുകൊണ്ട് എനിക്ക് രാമായണം വായിച്ച കാലം മുതലേ ഉള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഉത്തരവാദിൽ രാമായണത്തിൻ്റെ ഭാഗം തന്നെയാണ് പുതുതായി ഉള്ള അഭിപ്രായം അപ്പൊ ഈ ആധുനിക ഗവേഷകന്മാരുടെ ഇത്തരം ചിന്തകൾ മാത്രം പോരാ പ്രധാനമായി വരുന്ന ഒന്നാണ് ഈ വൈഷ്ണവ പാരമ്പര്യം അതുകൂടെ കണക്കാക്കും വൈഷ്ണവ പാരമ്പര്യത്തിൽ ആചാര്യന്മാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആധുനിക ലോകത്ത് ജീവിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫെമിനിസവും മറ്റും കൊണ്ട് നടക്കുമ്പോൾ രാമായണത്തിൽ അതില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വേറൊരു കാലത്തിലാണ് ഇത് എന്താണ് ഈ കഥ കഥാരൂപത്തിലാണെങ്കിലും ഇത് വളരെ വളരെ പ്രാചീനമായൊരു കഥയാണ് അർണീ രാമായണത്തിൻ്റെ പ്രാചീനതയെക്കുറിച്ചോ തർക്കവിതർക്കങ്ങൾ പക്ഷേ രാമായണ കഥയുടെ പ്രാചീനത എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധകാലത്തിലുണ്ടായിരുന്നാണ് എന്ന് വേണം മനസ്സിലാക്കുക അത്രയും പ്രാചീനമാണ് ഈ കഥ ഇന്നത്തെ രൂപത്തിലായിരിക്കില്ല അത് കാലം കൊണ്ട് അതിന് പല പല പല പരിഷ്കാരങ്ങളും അതായത് ഈ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു കഥയാണ് രാമായണം വിയറ്റ്നാം രാമായണവും വിയറ്റ്നാമിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റും തായ്ലാൻഡിലുണ്ട് ഫിലിപ്പീൻസിലുണ്ട് കമ്പോഡിയയിലുണ്ട് മാലിദ്വീപിലുണ്ട് മലേഷ്യയിലുണ്ട് എല്ലായിടത്തും രാമായണമുണ്ട് ജപ്പാനിലെ നാരായണം രാമായണം നൃത്തരൂപത്തിലുണ്ട് കഥാരൂപത്തിലുണ്ട് അവിടെ പ്രചരിക്കുന്നുണ്ട് ഇത് വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു കാര്യമാണ് ചൈനയിൽ രാമായണമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞൊരു കാര്യമാണ് നേപ്പാളിലുണ്ട് തിബത്തിലുണ്ട് ബ്രഹ്മയിലുണ്ട് സിലോണിലുണ്ട് ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു സംഭവമാണ് ഇവിടെയൊന്ന് രാമായണം ഒരുപോലെയല്ല ബൗദ്ധ ജൈന സാഹിത്യങ്ങളിൽ രാമായണം ജൈനസാഹിത്യത്തിലെ രാമായണം എന്ന് പറയുമ്പോൾ രാമനും ഭാര്യയും നാലാണ് അവിടെ ഒന്നല്ല നാല് ഇവിടെ രാമനെ നമ്മൾ സ്തുതിക്കുന്ന എന്തിൻ്റെ പേരിൽ ഒരു ഭാര്യയിൽ ഉറച്ചു നിന്നു എന്നാണ് ജയനം രാമായണത്തിൽ ആ പ്രശ്നം നാല് ഭാര്യ ഉണ്ടായിരുന്നു സീത ഉപേക്ഷിക്കുകയും ചെയ്തു അതിൽ പക്ഷെ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്തുകൊണ്ട് സീത ജയനഭക്ഷിണിയായി ഉടൻ തന്നെ പോയി മോക്ഷത്തെ പ്രാപിച്ചു സീത കരഞ്ഞും വിളിച്ചതൊന്നുമില്ല രാമനും എന്ത് പോയി ജയിന മുഞ്ഞിയായി അപ്പൊ അവിടെ പ്രശ്നമൊന്നുമില്ല ബൗദ്ധരാമായണത്തിലാണെങ്കിലോ ബൗദ്ധരാമായണത്തിന് ബാക്കിയൊക്കെ ശരിയെന്ന് കാട്ടിപ്പോയി തിരിച്ചു വന്നു സുഖമായ രാജ്യം ഭരിച്ചു ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം മാത്രം സംഭവിച്ചില്ല എന്താണോ രാവണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ രംഗപ്രവേശം ചെയ്തില്ല രാവണനില്ല അതിന് അതുകൊണ്ട് രാവണനെ കൊല്ലേണ്ടി വന്നില്ല അവരഹിംസാവർദ്ധക്കാരാണ് മാത്രമല്ല ഈ രാമൻ ആരാണ് ബൗദ്ധരാമായണത്തിൽ ഈ ബുദ്ധന്റെ ഒരു പൂർവ്വ ജന്മമായിരുന്നു രാമൻ നിർവ്വാണത്തെ പ്രാപിച്ച ആളാണ് ജൈനരാമായണത്തിൽ രാവണൻ എന്ന് പറയുന്ന ഒരു തീർത്ഥങ്കരനാകേണ്ടയാളാണ് അവിടെ ഗുരുവാകേണ്ട ആളാണ് ജൈനരാമായണത്തിൽ രാമൻ രാവണനെ കൊല്ലുന്നില്ല കാരണം അവിടെ ഏറ്റുമുട്ടലിൻ്റെ സമയൊക്കെ വന്നപ്പം രാമൻ പൂർണ്ണമായും ജൈനനായി പിന്നെ രാവണനെ കൊല്ലുന്നുണ്ട് ആരാ ലക്ഷ്മണൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജൈനന്മാർക്ക് പല നരകങ്ങളുണ്ട് അതിൽ നാലാമത്തെ നരകത്തിൽ പോയാൽ ലക്ഷ്മണനും രാവണനും കൂടെ രണ്ടുപേരും പോയി രണ്ടുപേരും പോയി ലക്ഷ്മണൻ ലക്ഷ്മണ ഹിംസിച്ചാൽ നരകത്തിൽ പോയി രാമൻ ഹിംസിച്ചില്ല മുക്തനായി ഇങ്ങനെയൊക്കെ പല പല തലത്തിലുള്ള രാമകഥകൾ പ്രചരിച്ചിട്ടുണ്ട് അത് കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് രാമകഥ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കച്ചവടത്തിന് വേണ്ടി അങ്ങോട്ടിങ്ങോട്ട് സഞ്ചരിക്കും ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുന്ന് ഒരു കഥ കേട്ടു അപ്പൊ അതൊക്കെ വിനോദമാണ് കഥ കേട്ടിട്ട് അവരവരുടെ നാട്ടിൽ പോയി പറയും എല്ലാ ഭാഷകളിലും സാഹിത്യകാരന്മാർ കാണും അവരാ കഥയെ അവരുടെ ഭാഷയിലാക്കും ഇന്ന ഇപ്പൊ ഒരു നോവൽ എന്ന് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും വിവർത്തനം ചെയ്യും പോലെ തന്നെ വിവർത്തനമാണ് അതിങ്ങനെ വിവർത്തനമൊന്നുമില്ല അക്ബർ പ്രത്യേകം ഒരു രാമായണം തന്നെ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ട് തൻ്റെ അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അർമ്മ അമ്മയ്ക്കത് സമർപ്പിച്ചിട്ടുണ്ട് പേഷ്യൻ ഭാഷയിലാണെന്നേ ഉണ്ട് പണ്ഡിതന്മാർ എഴുതി എഴുതി ഉണ്ടാക്കി അപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും ഭാഷകളിൽ ഇത്രയും പ്രചരിച്ചിരിക്കുന്ന പല രൂപത്തിൽ ഹിന്ദിയിലാണെങ്കിൽ ഓരോ ഭാഷകളിലും വ്യത്യസ്ത രാമായണങ്ങളാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാ രാമായണങ്ങളിലും രാമനുണ്ട് മിക്കവാറും ദശരഥനുണ്ട് സീതയുണ്ട് ലക്ഷ്മണനും ഇതൊക്കെ എല്ലാ രാമായണത്തിലുമുണ്ട് പക്ഷേ മലേഷ്യൻ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടാതെ ആ രാമായണത്തിൽ ബഷീർ സുലൈമാൻ ഭാത്തിമാൻ കേട്ടവർക്ക് ചിരുവർ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് നമ്മൾ ഇനി അമ്പലം ഉണ്ടാക്കുമ്പോൾ അവർക്കുള്ള ഓരോ ഓരോ സ്ഥാനം കണ്ടെത്തണം ഓരോ സംസ്കാരങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ ജനവിഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ അപ്പോൾ ഒരു ദേശത്ത് പ്രചരിച്ചിരുന്ന കഥകൾ പിന്നെ ഈ കഥകളെ അതുകൊണ്ട് രാമന് ക്ഷേത്രം ഉണ്ടാകുന്നതിന് ഒരു ദോഷമില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും പ്രചരിച്ച ഒരു രാമനല്ലേ ഇത്രയും രൂപാന്തരം പ്രാപിച്ച ഒരു രാമനല്ലേ അപ്പോൾ തീർച്ചയായിട്ടും രാമനൊരു ക്ഷേത്രം വേണ്ടത് തന്നെയാണ് അതിൽ ദോഷമൊന്നുമില്ല പക്ഷേ ഒന്ന് മനസ്സിലാക്കണം എന്താണോ ഇതൊരു കഥയാണോ ഇത്രയും കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇത് കഥകളാണ് ഈ പ്രചരിച്ചിരിക്കുന്ന മുഴുവൻ അത് മനസ്സിലാക്കണം ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ആ കഥ പല ഈ ഒരു ഭൂപ്രദേശം മുഴുവൻ അത് പ്രചരിച്ചു അതിന് പല ഭാവങ്ങളുണ്ട് ഇനി ഏതാണ് തായ്ലൻഡിൻ്റെ രാമായണത്തിൽ അവിടുത്തെ രാമായണത്തിൽ രാവണൻ്റെ മണ്ടോദരിയിലും ഒരു മകൾ ജനിച്ചു ആ മകൾക്ക് അവർ സീത എന്ന് പേരിട്ട് എന്നിട്ട് കുഞ്ഞിൻ്റെ ജാതകം നോക്കാൻ വേണ്ടി വിഭീഷണനെ ഏൽപ്പിച്ചു വിഭീഷണൻ നോക്കിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞ് രാവണനെ പിതാവിനെ കൊല്ലും എന്ന് പറഞ്ഞു അപ്പോൾ എടുത്ത് പെട്ടിക്കകത്താക്കി ആറ്റിലൊഴുക്കി ജനകന് കെട്ടി അതാണ് രാവണൻ്റെ അന്തകയായി മാറിയത് ഇങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ ഈ കഥ എന്ന് പറയുന്ന ഓരോരുത്തർ അവരുടെ മനസ്സിൽ മെനഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അത് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കത്തില്ല പ്രചരിക്കുമ്പോൾ പിന്നെ ഒരു രാമായണത്തിൽ രണ്ട് രാവണന്മാരുണ്ട് ഒരു രാവണന്മാരുണ്ട് ചേട്ടാനിയന്മാർ രണ്ട് രാമണന്മാർ ഈ രണ്ട് രാവണന്മാരും കൂടി രാമനെയും ലക്ഷ്മണനെയും പിടിച്ച് ലങ്ക കൊണ്ട ഗുഹയ്ക്കകത്ത് അടച്ചിട്ട് ഹനുമാൻ അവരെ മോചിപ്പിച്ചിട്ട് രാവണനെ കൊല്ലം ഇങ്ങനെ ഒരു രാമായണ കഥയുണ്ട് അത്ഭുത രാമായണമുണ്ട് അത് വാൽമീകിയുടെ പേരിലാണ് അത് സംസ്കൃതം ഇങ്ങനെ നിരവധി കഥകളുണ്ട് ഈ കഥകളിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിലാണ് ഇവിടെ ആൾക്കാർ അങ്ങോട്ടിങ്ങോട്ട് കൊല്ലുന്നത് മനുഷ്യർ ആയുധം എടുത്ത് കൊല്ലുന്നതിന് വേണ്ടി രാമനെ പോയിച്ചോട്ട് ക്ഷേത്രം ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഈ കഥാപാത്രത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയും ആൾക്കാർ കൊല്ലുന്നത് മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലുന്നു തീ കത്തിച്ച് കൊല്ലുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യന് ചരിത്ര ബോധമില്ല അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി കുറേ പേർ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകും അതാണ് സംഭവിക്കുന്നത് കൊല്ലണം അതിനുവേണ്ടി ചരിത്രം ഉണ്ടാകും അല്ല യഥാർത്ഥ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയ ഇതിനുവേണ്ടി ആരും കൊല്ലാനൊന്നും നടക്കത്തില്ല വിശ്വാസമുണ്ടോ അത് പൂജിക്കുകയോ ആരാധിക്കുകയോ മോക്ഷം നേടുകയോ എന്ത് വേണോ ചെയ്യാം അവനൊന്നും ദോഷം മനുഷ്യൻ്റെ വിശ്വാസമാണ് പിന്നെ അത് ആത്യന്തികമായി എവിടെ വന്നിരിക്കും അമലമൻ്റെ ബ്രെയിനിൽ ശക്തിമാൻ എന്ന് പറയുന്ന കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കഥാപാത്രമല്ല ജീവനുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അവസാനം പരസ്യം കാണിക്കേണ്ടി വന്നത് ഇത് കഥയാണ് നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കുട്ടികൾ മൂന്നും നാലും നില ഘട്ടത്തിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ചാടി ഇതാണ് ശക്തിമാമെന്ന് രക്ഷിക്കും അപ്പോൾ പരസ്യം കൊടുക്കേണ്ടി അപ്പൊ ശക്തിമാനെ ശക്തിമാനായി തന്നെ കാണും നിങ്ങൾക്ക് വിശ്വസിക്കുക ആരാധിക്കാം ആരാധിക്കുക എങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് ശിശു മനസ്സാണെങ്കിൽ ബ്രെയിനിന് വേണ്ടത്ര വ്യാസമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആരാധിക്കുന്നതിനും വിശ്വസിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ബ്രെയിനിനനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും അതാരെയും കുറ്റമല്ലല്ലോ ശിശു മനസ്സാണെങ്കിൽ അങ്ങനെയും നടക്കും പക്ഷേ എൻ്റെ പേരിൽ കൊല്ലാൻ നടക്കരുത് ചാടി സ്വയം ആത്മഹത്യ ചെയ്യാനും പോകരുത് ഇതൊരു പരസ്യമായിട്ട് എടുത്താൽ മതി ഇതൊരു കഥാപാത്രമാണ് കഥയാണ് ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം മനസ്സിലായത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ആരാധിക്കും അല്ല ഈ ഒരു വലിയ ഈ അടുത്ത കാലത്ത് പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റി പ്രസ് മായണം പു പുറത്തിറക്കി വള്ളിയങ്ങളായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആ രാമായണം കണ്ടിട്ടില്ല കേട്ടോ ക്രിസ്റ്റൻ അമേരിക്കയിൽ അത് എത്ര ഒമ്പത് വള്ളിയും മറ്റുമുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം അതൊക്കെ വലിയ വിലയാണ് നമുക്കൊന്നും വായിച്ച് വായിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ കാശുള്ളവരാണ് നമുക്ക് വേണമെങ്കിൽ രാമനെ ആരാധിക്കുന്നവരല്ലോ വായിച്ച് ലൈബ്രറിയിലെങ്കിലും വാങ്ങി ആ കാശും മുടങ്ങി വലിയ ചിലവൊന്നും വരത്തില്ല അപ്പോൾ വലിയ പ്രചാരം കിട്ടിയാണ് അത് സംസ്കൃതത്തിൽ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച എഡിറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച അതറിയപ്പെടുന്ന ഒരു സംസ്കൃത പ്രൊഫസറാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഗോൾഡ് മാൻ കേട്ടിട്ടുണ്ട് പേര് കേട്ടിട്ടുണ്ട ഇന്ത്യ ഗവൺമെൻറ്റ് ഒരുപാട് അവാർഡുകളൊക്കെ കൊടുക്കി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ എഡിറ്റിങ്ങാണ് അതിൻ്റെ പ്രിൻസിപ്പൽ എഡിറ്ററും ചീഫ് ട്രാൻസ്ലേറ്ററുമാരും ഗോൾഡ് മാൻ വേറെ ചില വിവാദത്തിൽപ്പെട്ട ചിലരുടെയൊക്കെയുണ്ട് പുള്ളോക്ക് കേഡിലുണ്ടോ കുറച്ച് വിവാദങ്ങളാണ് ഞാനിത് പറഞ്ഞു വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു രാമായണം കിട്ടി ബംഗാളെന്ന് അത് ആറാം നൂറ്റാണ്ടിൻ്റെ രാമായണം എന്നാണ് പറയുന്നത് ഈ രാമായണത്തിൽ ബാലകാന്ഡവും ഉത്തരകാണ്ഡവും ഇല്ല ഈ പറയും ഇല്ലാതെയാണ് കിട്ടിയത് ഈ കാരണം കൊണ്ട് വലിയ ഗവേഷകനും വലിയ പണ്ഡിതനുമാണ് അതിൻ്റെ ഒരു സംശയമില്ല ബോർഡ് മാം പറയുന്നത് അത് രണ്ട് രാമായണത്തിൽ ഉള്ളതല്ല എന്നാണ് പിന്നെ വളരെ മികച്ച ഈ ആൾക്കാർ നമ്മളിത് വായിക്കുമ്പോൾ രാമായണം വായിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതപ്പെടുത്തുന്നവരികയാണ് അദ്ദേഹം പറയുന്നത് ഇത് ബി സി ഇ എട്ടാം നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ബുദ്ധന് മുമ്പാണ് രാമായണം എഴുതിയത് അതിന് പറയുന്ന യുക്തിയാണ് വളരെ രസകരമായത് എന്താണ് രാമായണത്തിൽ ബുദ്ധനെ പരാമർശിക്കുന്നെന്താ എന്താ പറയുന്നു ശരിയാണോ അതും നിസാരമായ കാര്യമില്ല ഈ പറയുന്ന ഒന്നും ഞാൻ എത്രയേ തവണ ഇവിടെയിരുന്നു പറഞ്ഞ് ചീത്തവിടെ കേട്ടതാണ് എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം മറന്നുപോയി അങ്ങനെ അയോധ്യകാണ്ഡത്തിൽ വളരെ വ്യക്തമായിട്ട് ബുദ്ധൻ തഥാഗതൻ കള്ളനാണെന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് പേര് പറഞ്ഞ് എന്നെ പരാമർശിക്കുന്നുണ്ട് രാമായണത്തിൽ ഈ പറയുന്ന ഉത്തരകാണ്ഡത്തിനും പരാമർശമുണ്ട് ഇപ്പൊ രാമായണത്തിൽ വ്യക്തമായും പരാമർശമുണ്ട് എന്താണ് ഇങ്ങനെ ഒരാൾ പറയുന്നു എന്താണ് ഇല്ല അപ്പം ഞാൻ അത് വെച്ച് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ ക്രിട്ടിക്കൽ എഡിഷൻ നടത്തിയപ്പോൾ ഇതെല്ലാം രാമായണത്തിൽ നിന്ന് കളഞ്ഞിരിക്കും എന്നിട്ട് പുറത്തിറക്കിയ രാമായണത്തിൽ ബുദ്ധനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണത്തില്ലേ ഇരിക്കും അല്ല വേറൊരു കാരണം ഞാൻ കാണുന്നു അപ്പോൾ രാമായണ കഥയ്ക്ക് ഒരു പക്ഷേ അത്രയും അറിയില്ല പക്ഷേ വാൽമീകി രാമായണത്തിന് ആ പഴക്കം ഇന്ന് കാണുന്നു ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വാൽമീകി രാമായണത്തിന് അത്രയും പഴക്കമുണ്ട് പിന്നെ നിങ്ങളുടെ തമിഴിലെ പുറം നാനൂറ് അകന്നാനൂറ് അതൊക്കെ ഒന്നാം നൂറ്റാണ്ട് മുതൽ മൂന്നാം നൂറ്റാണ്ട് വരെ വന്നിട്ടുള്ളതാണ് സംഘനട്രേസ് അതിലൊക്കെ പറയുന്ന രാമകഥകൾക്ക് പഴക്കമുണ്ട് പക്ഷേ അതൊന്നും ഈ രാമായണമില്ല ഇനി ജാതക കഥകളിൽ ബൗദ്ധ സാഹിത്യത്തിൽ വരുന്ന രാമായണത്തിനും പഴക്കമുണ്ട് അതും ഈ രാമായണമുണ്ട് ജൈനസാഹിത്യത്തിൽ പല രാമായണമുണ്ട് മായണമല്ല ജേനന്മാര് രാമനെ തീർത്ഥങ്കരനായി ആരാധിക്കുന്നവരാണ് അഹിംസാമൂർത്തിയായി ആരാധിക്കുന്നവരാണ് രാമൻ ആരെയും വന്നിട്ടില്ല കഥകൾ വേറെ വേറെയാണ് എല്ലായിടത്തും അപ്പൊ അങ്ങനെയുള്ള ഗവേഷങ്ങളും പഠനങ്ങളും ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് കുഴപ്പമുണ്ടാകും അപ്പൊ അവരവർ സൗകര്യമുള്ള രീതിയിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുക മറയ്ക്കുക പിന്നെ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം അവാർഡ് പല കാര്യങ്ങളുമുണ്ട് രാഷ്ട്രീയം അവാർഡുകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള വിശ്വാസം എന്നൊരു ഭാഗത്ത് അങ്ങനെ ആയിരിക്കും അതിരുന്നോട്ടെ അതിനെ നല്ല ചോദ്യം ചെയ്യും അതിൻ്റെ സാഹിത്യവും ചരിത്രവും അതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഭാഷയിപ്പമ്മ വിമർശിക്കുന്നത് വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല ചിന്തിക്കുന്നവർക്ക് അത് വിമർശിക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് രാമായണ ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് എവിടെ പോയി സമയം നോക്കി മലയാളത്തിൽ പറയാം വിടെ പോയി പോയാ സമയം പോയാ ശരി അത് എവിടെ പോയി താഴെയുണ്ട ആ ഞാൻ അറിയി സമയം കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞ അവിടേക്ക് പോയി അപ്പോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാമായണ ഉത്തരവാണ്ടത്തിൽ നിത്യ എന്താണ് നിത്യ സൂര്യകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് അങ്ങോട്ടൂടെ കടന്നുപോയത് ശരി